عليكم ورحمة الله الحمد لله رب والسلام على أشرف والمرسلين نبينا محمد وعلى آله أما بعد الله عليه وسلم അവിടുത്തെ മക്കയിലെ പ്രബോധനകാലം വിശദീകരിക്കുന്ന ആ ചരിത്രത്തിന്റെ ഏടുകൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സദസ്സിലാണ് നമ്മളുള്ളത് നബിസല്ലാസല്ലം അവിടുത്തെ പ്രബോധനം മക്കയിൽ ഏറെ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഇടയിലൂടെയാണ് കടന്നുപോയത് ആ കാലഘട്ടത്തിൽ മുഷരിക്കുകൾ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ അഭിസാഹു അലഹി വസ്ല്ലമിയെയും സഹാബികളെയും അവർ നിലകൊണ്ടിരുന്ന ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതിൽ നിന്ന് അവരുടെ കാലുകൾ ഇളക്കി മാറ്റാനും പല രൂപത്തിലും ശ്രമിച്ചിരുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് മുഷ്രിഖുകളുടെ കൂട്ടത്തിൽ വളരെ പ്രായമുണ്ടായിരുന്ന അവർക്കിടയിൽ നേതാവും അനുസരിക്കപ്പെടുന്ന പ്രമുഖ വ്യക്തിത്വവുമായിരുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവം എൺപത് വയസ്സ് കഴിഞ്ഞ എൺപത് വയസ്സിനു മേൽ പ്രായമുള്ള വളരെ പക്കാർക്കിടയിൽ ആദരണീയനായിരുന്ന വ്യക്തിയായിരുന്നു അത്ബത്തുബിൻ ഒരിക്കൽ അദ്ദേഹം മുഷരിക്കുകൾക്കിടയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒപ്പമുള്ളവരോട് പറഞ്ഞു ഞാൻ മുഹമ്മദിന്റെ അടുക്കൽ പോയി ഒന്ന് സംസാരിക്കട്ടെ മുഹമ്മദിനോട് Ia nikthi chalagari ngal parani nukaan nombad. Mohamad ada angi garika ya nanggil. Namada ii prashnengal Mohamadu maayullah Namada baprawit ya sumawasanikum. Angana A'utbah Rasulullah sallallahu alaihi wa sallam Idaadikal wannu ala parani Abna akhi Alayya sahhu adara putra إِنَّكَ مِنَّا حَيْثُ قَدْ عَلِمْتَ مِنَا الْمَكَانِ فِي النَّسَبِ لأنك يغالي دايل وليا ترواة مهما ينفي وإنك قد أتيت قومك بأمر عظيم أنال أنت سموهاتور برنور دلكني كاريم وعلى الله قردر ما يشيما فَرَّقْتَ بِهِ جَمَعَعَتَهُمْ نِي أَوْرَدَ آئِي كِمْتَ غَرْتِرِكُمُ وَسَفَّهْتَ بِهِ أَحْلَامَهُمْ وَعِبْتَ بِهِ آلِهَتَهُمْ وَدِينَهُمْ نِي أَوْرَدَ إِلَاهَ غَلَي أَوْرَدَ دِينِنَي أَكْشَ بِكُمُ أَوَرْ وَدِّي قَلَانَ يَنَّا نِي آرَو بِكِرْنَدِ അതിനാൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട് ഞാനീ പറയുന്നതിൽ ചിലതെങ്കിലും നിനക്ക് സ്വീകരിക്കാമല്ലോ അദ്ദേഹം പറഞ്ഞ പുലിയ അബുൽ വലീദ് അബുൽ വലീദ് പറഞ്ഞുകൊള്ളുക ഞാൻ കേൾക്കാൻ തയ്യാറാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി അദ്ദേഹം സഹോദര പുത്ര നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പാദ്യമാണ് എങ്കിൽ ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ നിനക്ക് വേണ്ടി നൽകാം മക്കാർക്കിടയിൽ ഏറ്റവും വലിയ സമ്പന്നനാക്കി ഞാൻ നിന്നെ മാറ്റിത്തരാം അതാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പണമാണ് നീ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പണം നൽകാൻ തയ്യാറാണ് അതല്ല ഇനി നീ ഉദ്ദേശിക്കുന്നത് അധികാരമാണ് ഞങ്ങൾ നിന്നെ അധികാരിയാക്കാം എൻ്റെ ഒരു കൽപ്പനയും ഞങ്ങൾ അനുസരിക്കാതെ വിടുകയില്ല എല്ലാ കൽപ്പനയും ഞങ്ങൾ അനുസരിക്കാം ഇനി നീ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവായി മാറണമെന്നാണെങ്കിൽ എന്നാണ് എങ്കിൽ നിന്ന് ഞങ്ങൾ ഏറ്റവും വലിയ നേതാവാക്കി മാറ്റാം എന്താണോ നീ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞാൽ മാത്രം മതി ഇനി നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എനക്ക് തടയാൻ പറ്റാത്ത എന്തെങ്കിലും രോഗമാണ് എങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണ് നീ പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും നല്ല വൈദ്യന് നിനക്ക് കൊണ്ടുവരാം എന്നെ ചികിത്സിച്ച് എന്റെ അസുഖം മാറ്റിത്തരാം സുബാന അവർ നബിസ് അലൈ ഹുസല്ലം അവിടുത്തെ വളരെ സ്നേഹിച്ചിരുന്നു അവരിൽ പല ചിലർക്കെങ്കിലും എന്താണ് എനിക്ക് പറയുന്നത് എന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ചിലർക്ക് മനസ്സിലായിരുന്നില്ല എന്താണ് ഇതിന്റെ കാരണമെന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ലം ഇതെല്ലാം കേട്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു അഖി ഫ അബൽ വലീദ് അബുൽ വലീദ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു അതെ അപ്പോൾ റസൂൾ പറഞ്ഞു ഫെസ്തമി അമിന്നെ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമോ ابو الوليد ذهب بارني اصرال قرن له مني يعني قلت اني جاهران رسول الله صلى الله عليه وسلم قرن بسم الله الرحمن الرحيم حم تنزيل من الرحمن الرحيم كتاب فصلت اياته قرانا عربيا لقوم يعلمون بشيرا ونديرا فاعرض اثرهم فهم لا يسمعون സൂറത്ത് ആയത്തുകളാണിത് റസൂൽ വസ്ല്ലം സൂറത്ത് പാരായണം ചെയ്യാൻ ആരംഭിച്ചു അവിടുന്ന് തോതിക്കൊണ്ടേയിരുന്നുബയാകട്ടെഹി സാഹു അലിഹി വസ്സല്ലമ്മയുടെ പാരായണം നിശബ്ദം കേട്ടുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ രണ്ടു കൈകളും പിന്നോട്ടുകുത്തിസൂൽ അലഹി വസ്സലമയെ സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സൂറത്ത് ഉണ്ട് സ്ഥാനമുണ്ട് അതെത്തിയപ്പോൾ അങ്ങനെ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇതാ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് ഇനി അബുൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞതിനു ശേഷം നബി അവിടുത്തെ സംസാരം അവസാനിപ്പിച്ചുടയിലേക്ക് തിരിച്ചുപോയി അവരോട് പറഞ്ഞു അഹമ്മദി കൊണ്ടുവന്നിരിക്കുന്ന കാര്യം അതിന് തടയിടുക എന്നത് അസാധ്യമാണ് പറഞ്ഞു വന്നത് ഒരു ചെറിയ സംഭവത്തിൽ വലിയ വലിയ ചില പാഠങ്ങളുണ്ട് അതിലൊന്ന് അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു അലഹി വസ്ല്ലം അവിടത്തേക്ക് അധികാരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് സമ്പത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസ്സല്ലം ഇസ്ലാമിക ധാവത്തിന് പകരമായി സ്വീകരിച്ചില്ല മാത്രമല്ല ചില ആളുകൾ ധരിച്ചു ഇസ്ലാമിക പ്രബോധനത്തിന്റെ ലക്ഷ്യം അധികാരമായിരുന്നു ാഹിസ് വസ്സലും അധികാരം സ്വീകരിക്കുമായിരുന്നു അവിടുന്ന് അധികാരം സ്വീകരിച്ചില്ല മറിച്ച് അവിടുത്തെ പ്രബോധനത്തിന്റെ ലക്ഷ്യം ത്വഹീദ് പറയുക അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യുക എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അതുകൊണ്ടാണ് സല്ല അള്ളാഹു അലഹി വസ്ല്ലം അവിടുന്ന് ആവർത്തിച്ച് ഓഹീദ് പറഞ്ഞുകൊണ്ടിരുന്നത് അധികാരം തന്റെ കൺമുന്നിൽ വെച്ച് നീട്ടപ്പെട്ടപ്പോഴും അവിടുന്ന് സ്വീകരിച്ചിട്ടില്ല അത് വലിയ പാഠമാണ് ഒരിക്കലും അധികാരമല്ല ഒരു മുസ്ലിമിന്റെ പ്രബോധനത്തിനു പിന്നിലുള്ള പ്രചോദനം മറിച്ച് അള്ളാഹുവിന് ജനങ്ങൾ അഭിബാധത്ത് ചെയ്യണം എന്ന ലക്ഷ്യമാണ് ശരി ഈ കാലഘട്ടത്തിൽ പൊറൈഷികൾ അവരുടെ ബിസാഹു അലി വസല്ലമ്മയോട് ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അത്ഭുത സംഭവങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു കാരണം അവർക്ക് മനസ്സിലായി ഇസ്ലാമിക പ്രബോധനത്തെ ഇസ്ലാമിൻ്റെ ആദർശത്തെ ഒരിക്കലും തങ്ങളുടെ മറുപടികൾ കൊണ്ട് തങ്ങളുടെ ആശയം കൊണ്ട് തോൽപ്പിക്കുക സാധ്യമല്ല അതുകൊണ്ട് നബിസല്ലാഹു അലിഹു വസല്ലമയെ പരിഹസിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പറയുന്നത് കളവാണ് എന്ന് തോന്നിപ്പിക്കുന്നതിനും വേണ്ടി അവർ അബിസാഹു അലഹി വസല്ലമയോട് ദൃഷ്ടാന്തങ്ങൾ ചോദിക്കാൻ തുടങ്ങി ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു അഹമ്മദ് ഇതാ മക്കക്ക് ചുറ്റും ധാരാളം പർവ്വതങ്ങളുണ്ട് നീ ഒരു കാര്യം ചെയ്യേ ഈ പർവ്വതങ്ങളൊക്കെ അവിടെ നിന്ന് നീക്കി ഞങ്ങൾക്ക് മക്ക ഒരു വിശാലമായ സ്ഥലമാക്കി മാറ്റണം എന്നിട്ട് ശ്യാമലും ഏറാപ്പലും ഒക്കെ ഉള്ളതുപോലെ ഇവിടെയും നീ പുഴകളും അരുവികളും കൊണ്ടുവരണം അങ്ങനെ നീ കൊണ്ടുവന്നാൽ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം ചില ആളുകൾ പറഞ്ഞു മുഹമ്മദ് നീ എന്താ ഇങ്ങനെ ഒറ്റക്ക് വന്നിട്ട് പ്രബോധനം ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യും നിന്റെ റബ്ബിനോട് ഒരു മലക്കിനെ കൂടി ഒപ്പം പറഞ്ഞു നിൽക്കാൻ പറ മലക്കിനെ കൂടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം വേറെ ചില ആളുകൾ പറഞ്ഞു മുഹമ്മദ് നിനക്ക് വലിയ കൊട്ടാരം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കൊട്ടാരം ഉണ്ടാവുന്നത് കാണട്ടെ അങ്ങനെ ആ കൊട്ടാരം ഞങ്ങൾ കണ്ടാൽ അതുപോലെ തന്നെ നീ ഞങ്ങളിൽ ഏറ്റവും വലിയ ധനികനായി തീറി തീരുന്നത് ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ നിന്ന് വിശ്വസിക്കാം ഇങ്ങനെ അനേകം കാര്യങ്ങൾ അവർ ചോദിച്ചു അതിനെ കുറിച്ച് ധാരാളമായിൽ അത് അതിനുള്ള മറുപടി വന്നിട്ടുണ്ട് അള്ളാഹു സുൽഹാൻ തല പറഞ്ഞു ഖുർആൻ അതുകൊണ്ട് പർവ്വതങ്ങൾ നീക്കപ്പെട്ടാലും അതല്ലെങ്കിൽ ഭൂമി പിളർന്നു മാറ്റപ്പെട്ടാലും മരിച്ചു മരിച്ചുപോയവർ എഴുന്നേറ്റ് സംസാരിക്കപ്പെട്ടാലും അവർ വിശ്വസിക്കുകയില്ല അള്ളാഹ് പറഞ്ഞു അവർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു മലക്കിനെ അവതരിപ്പിക്കാത്തത് നാമെങ്ങാനും ഒരു മലക്കിനെ ഇറക്കിയിരുന്നെങ്കിൽ അതൊരു കൂടി കാര്യ തീരുമാനമകുമയരുന്നു പിന്നെവർക്ക് അവധി നൽകപടയില്ല അപ്പോൾ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു വഖാലു മാ ലഹാദാ റസൂൽ അവർ പറഞ്ഞു എന്തൊരു റസൂലാണി റസൂൽ യഖുലുത്തആം ബഖശനഗരികുനു വയം ഷീ ഫിൽ അസ്വാഖ അങ്ങാടികളിലൂടെ നടക്കുന്നു ലൗല ഉൻസില ഇലൈഹി മലക് ഫയകൂന മഅഹു നദിറ അതേതടപ്പോഴും ഒരു മലക്കു കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ മലക്കി ഞങ്ങൾക്ക് താക്കീത് നൽകുന്നവനായി വന്നിരുന്നെങ്കിൽ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു നിധി ഉണ്ടായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഒരു വലിയ പൂന്തോട്ടം ഉണ്ടാവുകയും അതിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ വാലിമീങ്ങളായ അതിക്രമികളായ ആളുകൾ പറഞ്ഞു നിങ്ങൾ പിൻപറ്റുന്നത് സിഹർ ചെയ്യപ്പെട്ട ഒരു മരണക്കാരന മാത്രമാണ് എന്നിവർ പറഞ്ഞു അപ്പൊ നോക്കൂ നിങ്ങൾ മക്കയിലെ മുഷരിക്കുകൾ അവർ റസൂൽ അള്ളഹു സല്ലാഹു അലഹി ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഒരിക്കലും ഇത് സംഭവിച്ചു കാണണമെന്ന ആഗ്രഹം പോലും ഇല്ലായിരുന്നു മറിച്ച് നബി സല്ലാഹു അലഹു വസല്ലമെന്ന് പരിഹസിക്കാനും അവിടുത്തെ ആദർശം തള്ളിക്കളയുന്നതിന് മനസ്സിൽ സ്വയം ഒരു ന്യായം കണ്ടെത്താനും വേണ്ടി മാത്രമാണ് അവർ അത് പറഞ്ഞത് رسول الله صلى الله عليه وسلم اترى معاوشي انه لكي اتبوا لابده ما أنا بفاعل ننجل ايبارينا دنن نعنو لكالو الله نور چودك غيرنا وما أنا بالذي يسأل ربه هادا اي دنن الله نور چودك غيرنا انك يوجي چادم الله وما بهادا بعثو إليكم اي دور دلا الله ننجل إليك انني يوجي شركنا وإنما جئتكم من الله بما بعثني به അള്ളാഹു ഇസ്ലാമിനെ കൊണ്ടാണ് നിങ്ങളിലേക്ക് എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയിച്ചു അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ദുനിയാവിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ട് അതുണ്ടായിരിക്കും നിങ്ങൾ ഞാൻ ഈ പറയുന്നത് തള്ളിക്കളയുകയാണെങ്കിൽ ഞാൻ ഇതാ ക്ഷമിക്കുകയാണ് അള്ളാഹു നമുക്കിടയിൽ ഒരു തീരുമാനം സ്വീകരിക്കുന്നത് വരെ അപ്പൊ നിങ്ങൾ ഇവിടെയൊക്കെ അബ്സ്വല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങേറ്റത്തെ ക്ഷമ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു പെരുമാറുകയും ചെയ്തു അവർ അല്ലാഹുന്റെ റസൂലം പരിഹസിക്കുകയാണ് ചെയ്തത് സല്ലാഹു അലൈഹി വസ്ല്ലാം എന്നാൽ അബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമേ അവരെ തൻ്റെ ഇസ്ലാമിലേക്ക് തന്റെ ദിനിലേക്ക് ആവർത്തിച്ച് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയും പരലോകത്തെ കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഒരു പ്രബോധകന് അതിൽ വലിയ പാഠമുണ്ട് ദാവത്തിന്റെ മാർഗത്തിൽ ക്ഷമയോടുകൂടി നിലകൊള്ളാനുള്ള ഓർമ്മപ്പെടുത്തൽ ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ശരി എന്തുകൊണ്ടാണ് അലഹി വസ്ല്ലം ഒക്കെ ഇത്തരം അത്ഭുത സംഭവങ്ങൾ ആവർത്തിച്ച് കാണിക്കപ്പെടാ കാണിക്കപ്പെടാതിരുന്നത് ഫസോൽള്ളഹ് ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് അവർ ചോദിച്ചതുപോലെ ഒരു മലക്കിറങ്ങി വരുക അതല്ലെങ്കിൽ ഒരു വലിയ പർവ്വതം അവിടുത്തെ സ്ഥലം അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു അതിനുള്ള കാരണം അബ്ബാസ് അള്ളാഹു അലഹു അദ്ദേഹം പറഞ്ഞതുപോലെ ഫസോൽഹി സാഹു അലഹി വസല്ലമക്ക് രണ്ടാല് വാഗ്ദാനം അള്ളാഹു നൽകി ഒന്നല്ലെങ്കിൽ അവർ ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം പിന്നെ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടി അവർ നശിപ്പിക്കപ്പെടും ഇല്ലെങ്കിൽ ഞാൻ അവരുടെ കാര്യത്തിൽ നീ അവതാന അങ്ങനെയാണെങ്കിൽ അവർക്ക് ശിക്ഷ ഇറങ്ങുകയില്ല റസാഹിസ് അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ അവരുമായി അവധാനത കാണിക്കാൻ തയ്യാറാണ് അങ്ങനെയാണ് ാഹു അലഹി വസ്വല്ലം പ്രതികരിച്ചത് അവിടുന്ന് ഉടനടി അവർക്ക് ശിക്ഷ അവതരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അവിടുന്ന് ക്ഷമയോടുകൂടി പ്രബോധനത്തിൽ മുന്നേറുകയാണ് ചെയ്തത് അത് ഏതൊരു മുസ്ലിമും കാണിക്കേണ്ട ഒരു മര്യാദയാണ് അല്ലെങ്കിൽ ഒരു മാതൃകയാണ് നബ്സല്ലാഹു അലഹി ഹുസല്ലമ്മയുടെ ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട പല ആളുകളും പ്രബോധനത്തിന്റെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ പൊടുന്നനെ സംഭവിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ആഗ്രഹിക്കും അതല്ലെങ്കിൽ അത്തരം അത്ഭുതങ്ങൾ അതിലേക്ക് മാത്രം ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും അതുമല്ലെങ്കിൽ ക്ഷമയില്ലാതെ ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കും പ്രബോധിത സമൂഹത്തിനെതിരെ അവർ വിശ്വസിക്കാത്തതായി കണ്ടു അവരുടെ അതിക്രമങ്ങൾ വർധിക്കുന്നതായി കണ്ടു അവർക്കൊക്കെ ഈ സംഭവത്തിൽ പാഠമുണ്ട് റസൂൽ അള്ളഹിം അവിടെ നിന്ന് ലഭ്യമാണ് അവിടത്തെയാണ് പരിഹസിക്കുന്നത് അവിടത്തെയാണ് കളിയാക്കുന്നത് പക്ഷെ അവിടുന്ന് ക്ഷമയോടുകൂടി നിൽക്കുകയാണ് അവർക്കെതിരെ അവിടുന്ന് പ്രാർത്ഥിച്ചില്ല ക്ഷമയോടുകൂടി നിൽക്കുകയാണ് ഇത് ഏതൊരു മുസ്ലിമും പാലിക്കേണ്ട ഒരു പാഠമാണ് അതോടൊപ്പം ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വിശുദ്ധ ഖുറാൻ ഏറ്റവും മഹത്തരമായ ദൃഷ്ടാന്തമാണ് അക്കയിലെ മുഷിരിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഖുർആാനാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിലെ നബിമാർ അവർക്കെല്ലാം നൽകപ്പെട്ടത് കണ്ണുകൊണ്ട് കാണാവുന്ന ദൃഷ്ടാന്തങ്ങളാണ് അല്ലെ മൂസാ നബി അലൈഹ് ഹുസലാത്തുസലാം അദ്ദേഹത്തിന്റെ വടി കണ്ണുകൊണ്ട് കാണാം അദ്ദേഹത്തിന്റെ കൈ പ്രകാശിക്കുന്നത് കണ്ണുകൊണ്ട് കാണാം അതുപോലെ തന്നെ ഈസാ നബി അലഹുസലാത്തു സലാം ഇങ്ങനെ നബിമാർക്ക് നൽകപ്പെട്ട അത്ഭുത കാര്യങ്ങൾ അത്ഭുത സംഭവങ്ങൾ അത് കണ്ണുകൊണ്ട് കാണാവുന്ന കാര്യങ്ങളാണ് എന്നാൽ നമ്മുടെ റസൂല മെഹമ്മദി സല്ല അലൈ വസ്ലം അവിടത്തേക്ക് നൽകപ്പെട്ട ഖുർആാൻ അത് കണ്ണുകൊണ്ട് കാണാം ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് വീക്ഷിക്കാം അതിന് ബസറും ബസു ഇറത്തുമുണ്ട് കണ്ണുകൊണ്ട് കാണാവുന്നതുമാണ് അതുപോലെ തന്നെ ഹൃദയ കണ്ണുകൊണ്ട് മനസ്സിലാക്കാവുന്നതുമാണ് അത് രണ്ടും തുറക്കുന്ന ദൃഷ്ടാന്തമാണ് ഖുർആാൻ ഖുറാൻ കണ്ണുകൊണ്ട് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അത്ഭുതം അങ്ങേയറ്റവും വിസ്മയകരമാണ് എത്ര വർഷമായി യാതൊരു വ്യത്യാസവും ഇല്ലാതെ നിലകൊള്ളുന്നു അതിന്റെ ഘടന എത്ര മനോഹരമാണ് അത് കേൾക്കാൻ എത്ര മനോഹരമാണ് ഖുർആാൻ അത് എത്രയോ എത്ര തവണ നമ്മൾ കേൾക്കുന്നു എത്രയോ ആളുകൾ അത് പാരായണം ചെയ്യുന്നു ഒരാൾ പാരായണം ചെയ്യുമ്പോഴുള്ള ഭംഗിയല്ല മറ്റൊരാൾ പാരായണം ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കുറാൻ പാരായണം ചെയ്യുന്നു ഓരോരുത്തരുടെയും പാരായണങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഭംഗിയുണ്ട് വ്യത്യസ്തങ്ങളായ മനോഹാരിതയുണ്ട് അത് കേൾക്കുക അത് ആസ്വദിച്ച് നുകർന്ന് അവസാനിപ്പിക്കുക സാധ്യമല്ല അതിന്റെ ഭംഗി അവസാനിക്കുന്നില്ല അത് ഖുറാൻ കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കാവുന്ന അത്ഭുതാണ് അതുപോലെ തന്നെ എത്ര വർഷങ്ങളായി ആ ഗ്രന്ഥത്തിനൊരു മാറ്റവും വന്നിട്ടില്ല ഒരു ഹറഫിനു പോലും വ്യത്യാസമില്ല ഒരു ഹറക്കത്തിന് പോലും വ്യത്യാസമില്ല അതുപോലെ തന്നെ ആശയപരമായ അതിന്റെ ശക്തി എത്ര ചെറിയ വിഷയങ്ങളിലാണ് നമ്മുടെ അടുക്കൽ മനുഷ്യന്മാർ പുസ്തകം എഴുതുന്നത് ഒരാ ഒരു മനുഷ്യൻ പുസ്തകം എഴുതുകയാണെങ്കിൽ ഒരാൾ അയാൾ സയൻസിനെ കുറിച്ച് അയാൾ അതിനെ മാത്രം അയാളുടെ സ്പെഷ്യലൈസേഷൻ അതിലാണ് അയാള് അതിലാണ് കഴിവ് തെളിയിച്ചപ്പോൾ അയാൾ ആ വിഷയത്തിൽ പുസ്തകം എഴുതി ഭാഷയിലാണെങ്കിൽ അതിൽ ഇങ്ങനെ ഏതാളുകളും അവർക്ക് അവരുടേതായ വിഷയങ്ങളുണ്ട് അതിലാണ് അവരുടെ എഴുതാൻ എന്നിട്ട് ആ പുസ്തകങ്ങൾ ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ട് വായിച്ചു നോക്കിയാലും എങ്ങനെ ഉണ്ടാവും ഇത്രമാത്രം അയാളുടെ വിവരങ്ങൾക്കുള്ള കുറവുകളും അതിൽ വന്നിട്ടുള്ള അബദ്ധങ്ങളും തെറ്റുകളും ഇത്ര ധാരാളമാണ് എന്നാൽ ഖുർആാനാകട്ടെ എല്ലാ എൽമും അതിലുണ്ട് അതിൽ ചരിത്രമുണ്ട് സാമൂഹിക പാഠങ്ങളുണ്ട് രാഷ്ട്രീയ പാഠങ്ങളുണ്ട് രാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് വൈയക്തികമായ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുണ്ട് വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ചുണ്ട് സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ചുണ്ട് അതുപോലെ മറ്റു എന്തെല്ലാം വിഷയങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് ചരിത്രമുണ്ട് ഭാവിയെ കുറിച്ചുള്ള പ്രവചനമുണ്ട് അതുപോലെ അന്ത്യനാളിനെ കുറിച്ചുണ്ട് ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ അതിലുണ്ട് ഭൂമിയെ കുറിച്ച് മൃഗങ്ങളെ പക്ഷികളെക്കുറിച്ച് ഉറുമ്പിനെ കുറിച്ച് ഈ പറഞ്ഞ പ്രയോഗങ്ങളിലോ വാക്കുകളിലോ ഒന്നിലും ഒരു സൂക്ഷ്മത കുറവും കാണാൻ കഴിയുന്നില്ല ആ അത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളിൽ തെരഞ്ഞെടുത്തിട്ടുള്ള വാക്കുകളിൽ ഓരോ വാക്കുകളും അത്ഭുതകരങ്ങളായ അർത്ഥങ്ങളും ആശയങ്ങളും രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചതായി ഇന്നും മനുഷ്യർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു അത് വിശുദ്ധ ഖുർആാനിനെ പഠിക്കുന്ന ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ എങ്ങനെ വലിയ അത്ഭുതം ഖുർആാനിൽ ഒരാൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അള്ളാഹു സുൽഹാൻ തല പറഞ്ഞത് ഞാൻ താക്കീതുകാരൻ മാത്രമാണ് പാരായണം ചെയ്യപ്പെടുന്ന ഈ കിതാബ് ഖുർആാൻ അവർക്കുമേൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നത് മതിയായതല്ലേ എന്ന് അള്ളാഹു സുഹാൻ മുഹറ്റാല ചോദിക്കുന്നു അപ്പോൾ ഖുർആൻ അത് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം മതിയായ ദൃഷ്ടാന്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ശരി ഈ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം അബ്സീനിയയിലേക്കുള്ള രണ്ടാമത്തെ ഹിജറയാണ് അബ്സേനിയയിലേക്കുള്ള ഒന്നാമത്തെ ഹിജറയെക്കുറിച്ച് കഴിഞ്ഞ ദർസൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ ദർസൽ അഫ്സീനിയയിലേക്കുള്ള രണ്ടാമത്തെ ഹിജറയെ പറയുന്നത് രണ്ടാമത്തെ ഹിജറ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ അഫ്സീനിയയിലേക്കുള്ള ഒന്നാമത്തെ ഹിജറ ഹബിഷയിലേക്കുള്ള ആദ്യത്തെ ഹിജറ അത് കുറച്ചു മാസങ്ങൾ മാത്രമാണ് സഹാബികൾ അവിടെ കഴിച്ചു ഒരു തെറ്റായ വാർത്ത കേട്ടതിന്റെ പേരിൽ അവർ തിരിച്ചു വരികയാണ് ഉണ്ടായത്